ം ഇരുപത്തി എട്ട് ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് സംവത്സരം എരുശിലേമിൽ വാണു എന്നാൽ തന്റെ പിതാവായ ദാവിദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ളേച്ചാചാരപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യുകയും ചെയ്തു അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃഷത്തിൻ കീഴിലും ബലികഴിച്ചും ധൂപം കാട്ടിയും പോന്നു ആകയാൽ അവന്റെ ദൈവമായ യഹോവ അവനെ ആരാം രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവനെ തോൽപ്പിച്ചു അവരിൽ അസംഖ്യം പേരെ പിടിച്ച് കൊണ്ടുപോയി അവൻ ഇസ്രായേൽ രാജാവിന്റെ കയ്യിലും അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രമല്യാവിന്റെ മകനായ പെക്കഹ് യഹൂദയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഒരേ ദിവസം സംഹരിച്ചു അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു എഫ്രീമ്യ വീരനായ സിക്രി രാജകുമാരനായ മയശേയവയും രാജധാനി വിചാരകനായ അസ്രിക്കാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനെയും കൊന്നുകളഞ്ഞു ഇസ്രയേല്യർ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രമാരും പുത്രിമാരുമായി രണ്ടു ലക്ഷം പേരെ പിടിച്ചുകൊണ്ടുപോയി വളരെ കൊള്ളയിട്ട് കൊള്ളയും ശമരിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഓദേ എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ശമരിയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റു ചെന്ന് അവരോട് പറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദയോട് കോപിച്ചിരിക്ക അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങളവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു ഇപ്പോഴോ നിങ്ങൾ യഹൂദരെയും യരുശിലേമ്മരെയും ദാസിദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായ ഹോവയോടുള്ള അകൃത്യങ്ങളില്ലയോ ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയ്പീൻ അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ ഇരിക്കും അപ്പോൾ യോഹാനാന്റെ മകൻ അസരിയാവോ മെഷില്ലേമോത്തിന്റെ മകൻ ബേരഖ്യാവോ ഷല്ലൂമിന്റെ മകൻ എഹിസ്കിയാവോ ഹദ്രായിയുടെ മകൻ അമാസ എന്നിങ്ങനെ യഫ്രൈമ്യ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്ത് നിന്നവരോട് നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത് നാം തന്നെ യഹോവയോട് അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും അകൃത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു നമുക്ക് വലിയൊരു അകൃത്യം ഉണ്ട് ഉഗ്ര കോപ്പം ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രഭുക്കന്മാരും സർവസഭയും കാണുക ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു പേർചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരിൽ നഗ്നന്മാരായവരെയൊക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു അവരെ ഉടുപ്പിച്ച് ചെരുപ്പും ഇടിവിച്ച ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്ത് എണ്ണയും തേപ്പിച്ച് ക്ഷീണിച്ചു പോയവരെയൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി ശമരിയയ്ക്ക് മടങ്ങിപ്പോയി ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു ഏതോമ്യർ പിന്നെയും വന്ന് യഹൂദ്യരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു ഫിലിസ്തീരും താഴ്വീതിയിലും യഹൂദയുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു ബെസ്സെമേസും അയ്യാലോനും കെതേരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിംനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് പാർത്തു ഇസ്രയേൽ രാജാവായ അഹാസ് യഹൂദയിൽ നിർമര്യാദ കാണിച്ച് യഹോവയോട് ോഹം ചെയ്തതുകൊണ്ട് അവന്റെ നിമിത്തം യഹോവ യഹൂദയെ താഴ്ത്തി അശൂർ രാജാവായ പിൽഗത്ത് പിൽനേസർ അവന്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയതേയുള്ളൂ ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശുർ രാജാവിന് കൊടുത്തു എങ്കിലും ഇതിനാൽ അവന് സഹായം ഉണ്ടായില്ല ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്തുകൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു എങ്ങനെയെന്നാൽ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമ്മേശിക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നാൽ അവ അവനും എല്ലാ ഇസ്രയേലിനും നാശകാരണമായി ഭവിച്ചു ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു ഓരോ മൂലയിലും ബലിപീഠങ്ങൾ അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി പിതാക്കന്മാരുടെ ദൈവമായ െ കോപ്പിച്ചു അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവർത്തികളും ആദ്യ അവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ യരുഷലേം നഗരത്തിൽ അടക്കം ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല അവന്റെ മകനായ യഹിസ്കിയാവോ അവനുപകരം രാജാവായി